അവിദ്യയാണ് സർവാനർക്കും ബീജമായ ർഥീ സർവാനർത്തിനും ബീജമായ അവിദ്യയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു ശ്രുതി സ്മൃതികൾ ഇതിഹാസം പുരാണി പ്രസിദ്ധം അധ്യാസം തന്നെ അവിദ്യയാണ് സർവനങ്ങൾക്കും ബീജം വെച്ച കാരണം വിദ്യയെ നശിപ്പിക്കുന്നതിന് വേണ്ടി വേദാന്തം വെച്ച പറയുന്ന ഉപനിഷത്ത പ്രവൃത്ത അതിന് വേണ്ടിയിട്ടാണ് അത് ആരംഭിച്ചിരിക്കുന്നത് ശരിയാ പറയും വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്വം എന്ന് പറയാം പിന്നെ ഇവിടെ വേദാന്തം എന്ന് പറയുമ്പോൾ അദ്വൈത ജ്ഞാനം പദ്വീതജ്ഞാനം എന്ന് പറയുന്നത് ഈ അവിദ്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്വൈതജ്ഞാനത്തെ ആത്മജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് അവിദ്യയെ നശിപ്പിക്കാൻ അവിദ്യ എന്ന് പറയുന്നത് തന്നെയാണ് അധ്യാസം അപ്പോ എന്തായി ആത്മജ്ഞാനം അധ്യാസത്വം നശിപ്പിക്കണം അപ്പോ ആ അധ്യാസത്വം നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായി ഈ ജീവൻ മുക്തരാണ് എങ്ങനെ ആത്മാവിനെ ദേഹാദികളെ ആരോപിക്കുന്നതാണ് അത്യാസം ആരോഗ്യം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനനം മരണം തുടങ്ങിയ കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ ആശ്രയിച്ചാണ് ഒന്നുമില്ലാതാവുന്നു മുക്തനായി തീരും അതാണ് അവിദ്യയെ നശിപ്പിക്കുന്നു പറയുന്നു അധ്യാസത്തെ നശിപ്പിക്കുന്നു പറയുന്നു അപ്പൊ സംസാരം നിലനിൽക്കുന്നതിന് അധ്യാസം ആത്മജ്ഞാനം കൊണ്ട് പ്രത്യേകാത്മനീ അനാത്മ അധ്യാസേവ സർവാനു അത് തന്നെ വിശദീകരിക്കും പ്രത്യേകാത്മാവിന് അനാത്മാവിനെ അധ്യസിക്കുക ആരോപിക്കുക ആത്മാവിൽ ശരീരാദി ആത്മാവല്ലാത്തതിനെ ആരോപിക്കുന്നതാണ് സർവാനർ സർവാനർ കാരണം വെച്ചാൽ സുഖ ദുഃഖത്തിനും ജനന മരണങ്ങൾക്കും എല്ലാം കാരണമായിരിക്കുന്നത് ഈ അധ്യാസമാണ് അധ്യാസം കൊണ്ടാണ് ഇതൊക്കെ തന്നിലുണ്ടെന്ന് തോന്നുന്നത് പുന രജതാദിവിഭ്രമാ ഇത് വിദ്യ പുനാ പുന പുനരന്ന് പറയുന്നത് പുനാന്നാകുന്നു എങ്ങനെയാണ് ഏത് ീർപ്പണ രോരി ഒക്കെ പഠിച്ചിട്ടുണ്ടോ പുനരുപുനാമ പരത്തിലൊരു രേഖ എന്നാ പുനർ രജതാദിവിഭ്രമാണ് അപ്പോ ഇവിടെ അധ്യാസം പലതും ഉണ്ട് ശുക്തിയിൽ ദരിതജ്ഞാനം രജവിൽ സർപ്പജ്ഞാനം മരുഭൂമിയിൽ ജലജ്ഞാനം ഇതൊന്നും അനർത്ഥത്തിന് കാരണമല്ല അതൊക്കെ ഇങ്ങനെ കണ്ടുപോകുന്നു പിന്നെ സർവാനർത്ഥത്തിന് ഏതുവായിരിക്കുന്ന എന്താണ് ആത്മാവിന് അനാത്മാധ്യാസം അല്ലാതെ രചിതാദി വിഭ്രമങ്ങളല്ല അതും അധ്യാസമാണ് ആത്മാവിന് അനാത്മാധ്യാസമാണ് സർവാനർത്ഥത്തിനും കാരണമായി ഇത് സഅൈവ അവിദ്യ അതുകൊണ്ട് ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ അധ്യാസത്തെ തന്നെ എടുക്കണം അവിദ്യ എന്ന് പറഞ്ഞാൽ അതാണ് സംസാര കാരണമായത് അതിനെ എന്തു ചെയ്യണം ഇല്ലാതാക്കും എന്തുകൊണ്ട് വിദ്യ ഉള്ളത് അപ്പൊ അവിദ്യ വിദ്യ കൊണ്ട് നശിപ്പിക്കുന്നു പറയുന്നത് അത്യാസമില്ലാതകം അഭിജ്ഞാതം അഭിജ്ഞാതം തസ്വരൂപം ഉച്ചേത്തും അവിദ്യയുടെ സ്വരൂപം എന്താണെന്ന് അറിയാതെ അതിനെ നശിപ്പിക്കാൻ കഴിയില്ല അപ്പൊ സ്വരൂപം എന്തായിട്ട് അധ്യാസം അധ്യാസം വെച്ചാൽ എന്തായിട്ട് അറിയണം ഏഹ് അധ്യാസത്തെ എങ്ങനെ അറിയണം എന്നാണ് ഇവരെ പറഞ്ഞുകൊണ്ടു ഒരു കാര്യം അധ്യാസത്തെങ്ങനെ മനസ്സിലാകണം ആത്മാവിന് അനാത്മവസ്തുക്കളെ ആരോപിക്കുന്നതാണ് അധ്യാസം ഒരു വാക്കുകേട്ടാൽ എന്തെങ്കിലും മനസ്സിലാവുക ആത്മാവിൽ പ്രത്യേക ആത്മാവിന്റെ അനാത്മ വസ്തുക്കളെ അധ്യസിക്കുന്നതാണ് ആരോപിക്കുന്നതാണ് അധ്യാസം അധ്യാസോണ വിദ്യ ആ വിദ്യയാണ് സർവാനത്തിനും കാരണം അതിനെ നശിപ്പിക്കണ അതെന്താണെന്നറിയിക്കണം അതിനാണ് ഇത്രയും സമയം അധ്യാസത്തെ നിരൂപണം ചെയ്തതെന്ന് പറയുന്നത് ഇതുപോലെയുള്ള നിരൂപണം കൊണ്ട് അധ്യാസം എന്താണെന്ന് മനസ്സിലായാൽ പിന്നെ ഇല്ലാതാക്കത്തിന്റെ സ്വരൂപം അഭിജ്ഞാനം അറിയാതിരുന്നുകഴിഞ്ഞാൽ ഉച്ചയെത്തുന്ന ശക്തിയും അതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല ഈ രീതി ഉത്പാദ്യം എന്ന അധ്യാസം മാത്രം അതുകൊണ്ട് എന്ത് ചെയ്യണം അതിനെ ആണ് വിശദീകരിക്കേണ്ടത് ഉത്പാദിപ്പിക്കേണ്ടതെന്ന് വെച്ചാ വിശദമാക്കേണ്ടത് ഏർ എന്നാ അധ്യാസം മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാ എന്താ മനസിലായില്ല ഞാൻ അധ്യാസം മാത്രം സാമാന്യമായ അധ്യാസത്തെ അല്ല ഏത് രജ്യസർപ്പം ശക്തികാരജിതം വരുന്ന രീതി ഇതൊന്നും അല്ല അതൊന്നും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല അതൊക്കെ അധ്യാസമാണ് പിന്നെ എന്തുവേണം ആ വിദ്യാദ്യ അതിനാണ് വ്യാഖ്യാനിക്കേണ്ടത് അതാണ് ഇന്ന് ചെയ്തത് അല്ലാതെ ഞാൻ അധ്യാസം മാത്രം ഒന്നുവ സാമാന്യ അധ്യാസത്തെ അല്ല അത് അറിയാനും അറിഞ്ഞ കാര്യൊന്നുമില്ല എന്റെ കോളേജിലൊരു ചെറുപ്പം ഞാൻ ഉണ്ടായെന്ന് വിചാരിച്ചുകൂടെ എന്താ സംഭവിക്കാൻ പോകും അപ്പൊ ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അധ്യാസം എന്ന് പറയുന്ന ആത്മാവിൽ അനാത്മാഅദ്ധ്യാസമാണ് അതാണ് സർവാന്ധത്വത്തിൽ ബീജം അതാണ് അവിദ്യ അതിനെ അറിഞ്ഞാലേ നശിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് അതിനെ വിശദീകരിച്ചു പ്രാമതികാലം പറയും അത്രചേവൻ ലക്ഷണം രൂപതയർ നേരത്തെ പണ്ഡിത അവിജേതി മഞ്ഞന്തി എന്ന് പറഞ്ഞല്ലോ അതിനെ കുറിച്ച് പറയുന്നു അതെ ഏവൻ ലക്ഷണം എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ടാണ് കാരണം ഇവിടെ പൊതുവേ അധ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഏവൻ ലക്ഷണം ഈ രൂപത്തിലുള്ള അധ്യാസം ഏത് രൂപത്തിലുള്ള അധ്യാസം ഏത് രൂപത്തിലുള്ള അധ്യാസം ആരോപിക്കുന്ന അധ്യാസം അതാണ് ഏവൻ ലക്ഷണം ഇത്യവൻ രൂപതയ ഈ രീതിയിൽ അനർത്ഥ ഹേതു അനർഥത്തിന് ഹേതുവായിരിക്കുന്ന അല്ലാതെ രജ്ജുവിലെ സർപ്പാധ്യാസമല്ല അതാർക്കും ദോഷം ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഭാഷകാരനും ഭൗവനുകാരനും പറയുന്നതാണ് ഈ പ്രപഞ്ച അനുഭവം സർവത്തിനും കാരണമായിരിക്കുന്നത് ആത്മാവിന്റെ അനാത്മാധ്യാസം അപ്പൊ അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കണം അധ്യാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനു മനസ്സിലാവും ശത്രുവിനെ അറിഞ്ഞാലേ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അധ്യാസ നിർവഹണം ചെയ്തത് അത് വിശദീകരിക്കുന്നു യസ്മാത്മനിരഹിതേ അശ്വായാദ്യ പ്രത്യേകാത്മാനം അതുഃഖം ദുഃഖാകരത്തിന് കാരണമാകുന്നതിന് ഒറ്റവരി വിശദീകരിക്കുന്നു യസ്മാ എന്തുകൊണ്ടൊന്നാണ് പ്രത്യേകാത്മനി അശ്വനായ വിശപ്പ് പിന്നായ അസനായാമത്തെ വിജയം അപ്പൊ പ്രത്യേകാത്മാവെന്ന് പറയുന്നത് നിത്യവശത്ത് രൂപമാണ് അതൊരു വിശപ്പില്ലാതാവുന്നില്ല എന്നു പറഞ്ഞാൽ തന്നിൽ വിശപ്പും ദാഹുവും വിശപ്പിന്താഹ് മാത്രമല്ല ഭയ സ്വകാര്യമൊന്നും തന്നെ തന്നിലില്ല അതിന് അശ്വനായാതിരീതേ അശ്വനായാപീയത പക്ഷെ ഈ വിശപ്പും ദാഹവും എല്ലാം അന്ധകർണം പ്രാണൻ ഇതിനെക്കൂടെ ആരോപിച്ചിരിക്കുകയാണ് പ്രാണധർമ്മം അതിന് മൂലഭൂതമായിരിക്കുന്നതാണ് അന്ധക്കർണം അന്ധക്കരണാദി എന്ന് പറയും അതെല്ലാം അഹിതമാണ് ഹിതമല്ല പ്രത്യേകമായ കാര്യങ്ങളുണ്ടെങ്കിൽ ശുദ്ധമാണ് ഒരാളനുഭവിക്കുന്ന എന്താണ് വിശക്കിന്താ ദുഃഖവും എന്നിട്ട് എന്ത് ചെയ്യുന്നു തന്നെ ദുഃഖിയല്ലാത്ത തന്നെ ദുഃഖം ഉള്ളവനാക്കി മാറ്റുന്നു ആരേ എങ്ങനെ ദാഹവുമില്ലാത്ത ആത്മാവിൽ ദാഹുവുള്ള അന്ധക്കരണ പ്രാണശരീരധർമ്മങ്ങളെയൊക്കെ അങ്ങോട്ടാരും ഇപ്പൊ താൻ ലശപ്പും ദാഹവും ഇല്ല ഉള്ളവനായി മാറുന്നു താൻ നിത്യശുദ്ധനാണ് ഇതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം അതാണ് യസ്മാ എന്തുകൊണ്ട് അനർത്ഥ ഹേതുത്വം എന്തുകൊണ്ട് അനർത്ഥത്തിന് കാരണമായി പ്രത്യേകാത്മനി പ്രത്യേകാത്മാവ് അശ്വനായ ആദ്യ രീതി അശനായ എന്ന് വെച്ച വിശ ഈ പ്രത്യേകാത്മാവിൽ അശ്നായാത് ാദികളോട് ഉപേതമായ കൂടിച്ചേർന്ന അന്ധക്കരണാദി അഹിതം പ്രത്യേകാത്മാവിന് അനുകൂലമല്ലാത്തതായ അന്ധക്കർണം പ്രാണൻ ഇന്ദ്രിയം ശരീരം ഇതെല്ലാം ആരോപിച്ചു ആരോപി ആരോപിയാണ് ആരോപിച്ചുകൊണ്ട് പ്രത്യേകാത്മാനം അതുഃഖം പ്രത്യേകാത്മാവ് ദുഃഖരഹിതമാണ് സച്ചിതാനന്ദ്രനെന്ത് ചെയ്യുന്നു ദുഃഖാകരോധി ദുഃഖമുള്ളതാക്കി മാറ്റി എന്താണ് ദുഃഖമുള്ളതാക്കി മാറ്റിയത് അപ്പൊ അധ്യാസം മാറിയാ ദുഃഖം മാറി അധ്യാസം ദുഃഖം ആ തസ്മ അനർത്ഥം അതുകൊണ്ട് എന്താണ് അന്നദ്ധത്തിന് ഹേതു ആണ് അങ്ങനെയാണെങ്കിൽ പറയാനുള്ള ലോകത്തുള്ള സർവ്വ മനുഷ്യരും ദുഃഖം അനുഭവിക്കുന്നു എല്ലാ മനുഷ്യരും പാമരന്മാരും ബോധമില്ലാത്തവരുമെല്ലാം ദുഃഖത്തെ അനുഭവിക്കുന്നു എല്ലാവർക്കും അധ്യാസം അറിയാം അതുകൊണ്ട് അധ്യാസത്തെ എന്തിനു വ്യാഖ്യാനിക്കുന്നു കാരണം അധ്യാസത്തിന് കാരണമുണ്ട് ദുഃഖം എല്ലാവരും ദുഃഖത്തെ അറിയുന്നു അപ്പൊ അറിയുന്നു നീതൊക്കെ വിശദീകരിക്കുന്ന എന്തൊരു ചോദിക്കാം പറയുന്നു അങ്ങനെയല്ല ഇതാണ് ഈ അധ്യാസം ഇത് അധ്യാസമാണെന്നും ഇത് സർവാരത്വത്തിനും കാരണമാണെന്നും എല്ലാവരും അറിയുന്നില്ല ആരേ അറിയുന്നുള്ളൂ പണ്ഡിതന്മാർ പണ്ട സഞ്ജാതം താരകാര് പണ്ഡിതന്മാരെ അറിയുന്നു അല്ല എല്ലാരും അറിയുന്നു അല്ല എല്ലാരും അറിയുന്നു മന്യന്റെ പ്രതജ്ഞനം എന്ന് പറഞ്ഞ പാമരന്മാരെ അറിവില്ലാത്തവർ കൃതങ്ങൊന്നു ചാമരന്മാർ അഭിമന്യന്റെ ഏന അഭിപ്രാദ്യതാ എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ വ്യാഖ്യാന കാര്യം ഇല്ല എന്നല്ല ഇവിടെ അതുകൊണ്ടെന്ന് പറഞ്ഞു വിദ്യ ദോസ് അതുകൊണ്ട് പറഞ്ഞു പണ്ഡിതാമിന് ഈ അധ്യാസത്തെ പണ്ഡിതന്മാരെ അറിയുന്നു സാധാരണക്കാർക്ക് ദുഃഖം അറിയുന്നുണ്ട് പക്ഷേ അത് അധ്യാസമാണെന്ന് എല്ലാര് ദുഃഖം അറിയ പക്ഷെ അഭ്യാസമാണെന്നും അവിദ്യയാണെന്നും ഇതാണ് സർവാനന്ദ ബീജമെന്നും ആരെയറിയുള്ളൂ പണ്ഡിതന്മാരെ അറിയത്തില്ല ബോധമുള്ളവർ अनि अनादि आदि निरूढ निब्द्ध वासना अनबुद्धा विद्या असक्या निरोधं उपाय अभाव आदियो मन्यन्ते मन्यते तं प्रदितं निरोधो उपायमाह चद्र परेण इयं ई वासना अनादि വാസന് അനാദിയാണ് അതിനിരൂഢം വളരെ രൂഢ മൂലമാണ് വളരെ ഉറച്ചു പോയതാണ് ബലമുള്ളതാണ് അതിനിമിട്ടം വളരെ സാന്ദ്രമാണ് ഖനീഭൂതമാണ് എന്നുവെച്ചാൽ വാസിന്റെ ശക്തി കാണിക്കാൻ പറയുന്നു നല്ല ഉറപ്പുള്ള കട്ടിയുള്ള സാധനം നമ്മൾ സാധാരണ പറയാനുള്ളത് ഉറപ്പും കട്ടിയും ഉള്ളതാണ് എന്ത് പറയുന്നത് അങ്ങനെയുള്ള വാസന അനുബദ്ധ വിദ്യാവാസനയോട് കൂടി ചെന്നാണ് വാസന എന്ന് പറയുന്നത് ഉറപ്പും ബലവുമുള്ളതാണ് എന്നുവെച്ചാൽ നിശിപ്പിക്കാൻ പറ്റാത്തതാണ് അങ്ങനെയുള്ള വാസനാനുബദ്ധ വാസനയോ കൂട്ടിക്കെട്ടിയിരിക്കുന്ന ഒന്നാണ് എന്ത് വിദ്യാസ് വാസനയോട് കൂടിയതാണ് അങ്ങനെയുള്ള വ്യക്തിയെ നശിക്കാൻ നിരോധം അതിന് നിരോധിക്കുന്നതിന് ഇല്ലാതാക്കുന്നതിന് കഴിയത്തില്ല എന്നാര പറയുന്നു എന്തുകൊണ്ടും ഉപായ ഭാവനെന്താ വഴി അനാദിയായിരിക്കുന്ന ഉറപ്പുള്ള കടുത്ത വാസനെ നശിപ്പിക്കാൻ കഴിയത്തില്ല അതിനെന്താ വഴി വഴിയൊന്നുമില്ല ഉപായ ഭാവാതിഥിയോ മന്യത എന്ന് ചിലര് കരു തമ്പ്ര അവരോട് പറയുന്നു ഇപ്പോ എന്താണ് ദൃഢമായ വാസനയോടുകൂടിയിരിക്കുന്ന ഈ കവിദ്യയെ ഇല്ലാതാക്കാൻ വഴിയുണ്ട് എന്താണ് ഭാഷ തദ്കേന ച വസ്തു സ്വരൂപ അവതാരണം നിർഭി ചികിത്സ ജ്ഞാനം വിദ്യൂരണം മൂളിയധാരി അപ്പൊ ഇവിടെ എന്താണ് ഈ വിവേകം കൊണ്ട് ആത്മ അനാത്മവിവേകം കൊണ്ട് വസ്തു സ്വരൂപ അവധാരണം ആത്മസ്വരൂപം വസ്തു സ്വരൂപം എന്ന് വെച്ചാൽ ആത്മസ്വരൂപം അതിന്റെ അവധാരണമെന്നു വച്ചാൽ നിശ്ചയം ദൃഢജ്ഞാനം ദൃഢബോധം അതിനെ ഭാഷകാരൻ പറഞ്ഞതിന് ഭാമതികാരം മേഖാനിക നിർവിചികിത്സജ്ഞാനം സംശയരഹിതമായ ജ്ഞാനം എന്നിവ ബാക്കി രണ്ടും കൂടെ വരുന്നു അജ്ഞാന ഈ ജ്ഞാനം അതാണ് വിദ്യാൻ ആഹു വിദ്യാഭ്യാസം അപ്പൊ ഇവിടെ വിവേകത്തിലൂടെ ആത്മാനാത്മവിവേകത്തിലൂടെ ആത്മതത്വത്തിനെ നിശ്ചയിക്കും അതാണ് വിദ്യ ആത്മതത്വനിശ്ചയം അതാണ് ആ വിദ്യ എന്ത് ആ വിദ്യ നിശ്ചയിക്കുന്നു അത് തന്നെ വിശദീകരിക്കും വിവേകേന പണ്ഡിതാഹ പണ്ഡിതന്മാരൊക്കെ സാധിക്കും മനസ്സിലായ വിശദീകരിക്കുന്ന എന്റെ താഴെ അതടുത്ത് വിശദീകരിക്കുക എന്താണ് വിദ്യ എന്ന് പറയുന്നത് പണ്ഡിതാഹ ആദ്യം ഇത് ആർക്കേ മനസ്സിലാകത്തുള്ളൂ പണ്ഡിതന്മാർക്ക് പ്രത്യേകാത്മനെ കാലം അത്യന്തം വിവിക്തേ ബുദ്ധിയാതിഥം അവിവേകമെന്ന് പറഞ്ഞ ഞാനപ്രയണം അത്യന്തം വിവിക്തമായിരിക്കുന്ന ഭിന്നമായിരിക്കുന്നതാണ് പ്രത്യേകാത്മാവ് എന്തെങ്കിലും ഭിന്നമായിരിക്കുന്നു ബുദ്ധിയാതിഥ്യോ ബുദ്ധിയാദികളിൽ നിന്നും അതാണ് തദ്വിവേകം എന്ന് പറയുന്നത് പ്രത്യേകാത്മാവെന്ന് പറയുന്നത് ബുദ്ധിയാദികളിൽ അത്യന്തം ഭിന്നമായിരിക്കുന്നു അത്യന്തുകൊണ്ട് നമ്മൾക്ക് ഇപ്പൊ അധ്യാസം സംഭവിച്ചിട്ട് നമ്മളതിനാത്മാവ് ആണ് ജ്ഞാനം വേറെയാണ് ശരീരം വേറെയാണ് അങ്ങനെയൊന്നും നമ്മളറിയില്ല അത്യന്ത വിവിധയെ വിദ്യാർഥികളും വിദ്യാർഥികളിൽ നിന്ന് അത്യന്തം ആയിരിക്കുന്ന ബുദ്ധ്യാതി ഭേദ ആഗ്രഹ നിമിത്തവും ുദ്ധിയാദികളിൽ നിന്നുള്ള ഭേദ അഗ്രഹം ജ്ഞാനമില്ല അതുകൊണ്ട് അഗ്രഹ നിമിത്തമായി ഗ്രഹിച്ച ഗ്രഹണഭാവം അപ്പൊ പ്രത്യേകാത്മാവിനോ ബുദ്ധിയാദികളിൽ നിന്നുള്ള ഭേദജ്ഞാനം ഇല്ലാത്തവണ് വിദ്യ എന്താണെന്ന് പറയുന്നത് എന്തു ചെയ്യുന്നു പ്രത്യേകാത്മാവിനെ ബുദ്ധിയാതി സ്വരൂപമാണ് പിന്നെ ബുദ്ധിയാദി ധർമ്മത്തെ അധ്യസിക്കുന്നു ബുദ്ധിയാദികളെ അധ്യസിക്കുന്നു ബുദ്ധിയാദി ധർമ്മത്തെ അധ്യസിക്കുന്നു ബുദ്ധി ആദ്യാത്മത്വം ബുദ്ധിയാദികളായി പ്രത്യേകാത്മാവനുകരിക്കുന്നു പിന്നെ തദ്ധർമ്മ ബുദ്ധിയാദി ധർമ്മത്തെയും ആരോപിക്കുന്നു ബുദ്ധിയാദി ധർമ്മം എന്ന് വെച്ചാൽ സുതുക്കാതി അങ്ങനെയൊക്കെ ആരോപിക്കുന്നു ബുദ്ധിയാദികൾ ബുദ്ധി ഇന്ദ്രിയം ശരീരം ഇതിനെയൊക്കെ ആരോപിക്കും അങ്ങനെ ആരോപിച്ചിരിക്കുന്നവരെ വേണം അടുത്ത് പറയുന്നത് തത്ര ശ്രവണ മനനാദിബിർ യവേകവിജ്ഞാനം ഇതാണ് നിത്യം ഇവിടെ എന്തുവേണം ശ്രവണ മനനങ്ങളെ കൊണ്ട് വിവേകവിജ്ഞാനം കൊണ്ടാണ് വിവേകം എന്ന് വെച്ചാൽ ഭേദജ്ഞാനം വിവേകം ഭേദം എന്ത് ഭേദജ്ഞാനം ഈ പ്രത്യേകാത്മാവ് ശരീര ഇന്ദ്രിയ ബുദ്ധിയാദികളിൽ നിന്നും അതിന്റെ ധർമ്മങ്ങളിൽ നിന്നും വേറെയാണ് എന്നുള്ള വിവേകവിജ്ഞാനം ഏതാണ് വിദ്യർമാധ്യാസം ും അതിന്റെ ധർമ്മത്തെയും അധ്യസിക്കുന്നു ആത്മത്വം എന്ന് വെച്ചാൽ ബുദ്ധി ആദി സ്വരൂപം തദ്ധർമ്മെച്ചാൽ അതിന്റെ ധർമ്മമാണ് സ്വരൂപായി എവിടെ ആരോപിക്കുന്നു ആത്മാ അവിടെ എന്ത് ചെയ്യണം അത്ര ശ്രവണമനനാധികർ ശ്രവണമനനാധികളെല്ലാം വേണം എന്തിന്റെ ശ്രവണമനം ആത്മതത്വത്തിന്റെ വിവേകവിജ്ഞാനം അതുകൊണ്ട് എന്തുണ്ടാവണം വിവേകവിജ്ഞാനം ഉണ്ടാവണം വിവേക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരാദികളിൽ നിന്നും പ്രത്യേകാത്മാവിനെ കുറിച്ച് വേറിട്ടറിയും വിവേകാഗ്രഹേത്തതേ അതുകൊണ്ട് എന്ത് വരുന്നു വിവേകാഗ്രഹം വിവേകമില്ലായ്മ വിവേക ആഗ്രഹം അതാണ് അത്യാസം ആ വിവേകാഗ്രഹമാകുന്ന അത്യാസം എന്ത് ചെയ്യുന്നു എല്ലാം ഒറ്റ ഇടപാടുകൾ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് വസ്തു സ്വരൂപ അവധാരണം വിദ്യ എന്ന് പറഞ്ഞാണെങ്കിൽ പറയുന്നു അപ്പോ വിവേകാഗ്രഹയെ അധ്യാസം നിവർത്തിക്കുമ്പോ അധ്യാസ അപബാധാത്മകം വസ്തു സ്വരൂപ അവതാരണം വിദ്യ ചിതാത്മരൂപം സ്വരൂപേ വ്യവതിഷ്ഠത ശ്രവണ മരണാദികൾ കൊണ്ട് എന്തുണ്ടാവണം വിവേക ഞാൻ അതുകൊണ്ട് എന്ത് സംഭവിക്കണം അധ്യാസം പ്രവർത്തിക്കണം ഇപ്പൊ എന്ത് വരുന്നു അധ്യാസ അപബാധ അധ്യാസത്തെ പൂർണമായും ബാധിക്കണം അപബാധം ഇതെ പൂർണമായും ബാധിക്കുക എന്തിനാ ാക്കുന്ന അധ്യാസത്തെ പൂർണ്ണമായും ബാധിക്കുന്ന എന്താണ് വസ്തു സ്വരൂപ അവതാരണം ആത്മ സ്വരൂപ വസ്തുമാത്മസ്വരൂപ അവധാരണം ദൃഢബോധം എന്ന് പറയുന്ന ഇതാണ് ആത്മസ്വരൂപ അവതാരണം അതിനാണ് എന്ത് പറയുന്നത് വിദ്യ വിദ്യ പറഞ്ഞാ വിദ്യ വ്യാഖ്യാനിച്ചാണ് വിദ്യ എന്ന് പറയുന്നത് എന്താണ് വിദ്യ എന്ന് പറയുന്നത് എന്താണ് ചിതാത്മരൂപം അത് ചിതാത്മാവ് തന്നെ ആത്മാവിൽ നിന്ന് വേറിട്ടൊരു വിദ്യ എന്ന് ചിതാത്മ രൂപം ആത്മാവ് തന്നെ വിദ്യ ആത്മാവിൽ നിന്ന് വേറിട്ടൊരു വിദ്യയെന്ന് സ്വരൂപേ വിപതിഷ്ഠതയെ സ്വരൂപത്തിൽ സ്ഥിതി എന്ന് പറയുമ്പോൾ മൊത്തം അഭേദത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു സ്വരൂപേ സ്വരൂപത്തിൽ ഇതാണ് ഭാഷകാരം പറഞ്ഞത് തത് വിവേകേന ഈ അനാത്മാക്കളിൽ നിന്നും ഭിന്നമായി വസ്തു സ്വരൂപ അവതാരണം പരമാത്മ തത്വത്തിന്റെ നിശ്ചയം അതാണ് വിദ്യാഭ്യാസം അങ്ങനെ ഒരു നിശ്ചയം വരുമ്പോൾ ആ നിശ്ചയം എന്താണ് അത് ആ ചിതാത്മ അവ തന്നെയാണ് ചിതാത്മസ്വരൂപമാണ് അത് ചിതാത്മാവിന്റെ സ്വരൂപത്തിൽ ആ നിശ്ചയം സ്ഥിതി ആത്മാവായി തന്നെ നിശ്ചയം ജ്ഞാനം എന്ന് പറയുന്ന ആത്മാവ് തന്നെയാണ് ആപ്പൻ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ആത്മാവ് തന്നെയാണ് സൂര്യന്റെ പ്രകാശം സൂര്യൻ തന്നെയാണ് സൂര്യൻ വേറെ പ്രകാശം വരെ സൂര്യപ്രകാശം സൂര്യൻ തന്നെ അതുപോലെ എന്ന് പറയുന്നു ആത്മപ്രകാശം എന്ന് പറയുന്ന ആത്മാവ് തന്നെയാണ് ഇപ്പൊ സൂര്യപ്രകാശം സൂര്യനായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോഴേ വിവേകം ചിതാത്മ ജ്ഞാനം ചിതാത്മാവായി തന്നെ സ്ഥിതി ചെയ്യുന്നു അതിനു അതാണ് വിദ്യ മനസിലായ ഇത്രയും മനസിലാക്കിയ മനസ്സിലായി അദ്വീതത്തിലെല്ലാം മനസ്സിലായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിവേദാഗ്രഹം അത്യാസം അത്യാസം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അത്യാസം എന്ന് പറയുന്ന എന്ത് ചെയ്യണം അതിന്റെ അപഭാ പൂർണമായും ബാധിച്ചു ബാധിക്കുന്നതാണെന്ത് വിദ്യാ ആ വിദ്യ എന്താണ് ആത്മസ്വരൂപമാണ് ആത്മാവിൽ നിന്ന് വേറിട്ടൊരു വിദ്യയൊന്നും ഇതാണ് ഭാഗതികാരൻ ഞാൻ വ്യക്തി ഇതൊന്നും പറയാൻ ബാക്കി വെക്കാത്ത രീതിയിൽ പറഞ്ഞിരിക്കുന്നു multimass удатив福 枉 ർഭികിത്സം എന്ന് പറഞ്ഞ എന്താണ് എന്താണ് ഇടയ്ക്ക് വന്നാണ് നിർഭ്യ ചികിത്സ ആ ചികിത്സ സംശയം നിർഭി ചികിത്സത്തെ സംശയം അത് ബാക്കിയെല്ലാം പൃഥക് ജനാമോ മണ്ഡന്മാര് അപ്പോൾ ഈ അധ്യാസം അവിദ്യ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിദ്വാൻമാരെ അറിയുന്നുള്ളൂ സാധാരണക്കാരെ അറിയുന്ന എന്താണ് ദുഃഖം അതെല്ലാവരും അറിയുന്നുള്ളു അനർത്ഥം എല്ലാവരും അറിയുന്നുണ്ട് അധ്യാസം വിദ്വാന്മാരെ അറിയുന്നു എന്നാണ് പറയുന്നത് ഉം <sighs>